ഒന്നും തങ്ങൾ അഭിമുഖീകരിക്കാറില്ല പക്ഷെ ഇല്ല ദുണ്ടാക്കുമാക്കുന്ന ഈ അന്നാമാനം പറഞ്ഞപ്പെട്ടാലോ അവിടെ തങ്ങളെ പിന്നെ പോകടാൻ നിൽക്കില്ല അന്നാ കഹുമാത്രം അതാര സാധനം പറഞ്ഞിന്പ്പെടുന്നു ഒന്നൂലാണ് ഏഹ് എന്തെല്ലാം തന്നെ കൊണ്ട ഇനി അത് ചക്കര ചക്കരം ചൂടല്ലേ പിന്നെ ഞാൻ കണ്ണാസം കുത്തി എടുക്കാന്ന് അട്ടും പറ്റൂല ചോ എന്തെല്ലാം മസാല കിട്ടും വേഗം കിട്ടാന്നല്ല ചുമക്കര ആദ പിന്നെ അടലിനുള്ള ആദരബാധ പറയുന്നത് இமதவில் பரபரவின்னா நேரே ஏடில நாய் மத்து இல்லே மூத்த اكثر நம்ம ورைய냐 பின்ன அத்தை மச அந்த மகுரது અમાる வந்துட்டு கொட்டு ஆشار بذلكينا كمالي ووديتيhin الله تعالی قلنا كمال لوديتاني برضو वाजिबோ مندوبا ينتكنதோ அதின் அவர் அன்ன என்ன பலாயி குட்டிப்பிடிக்குது வாங்கு விதபவரவுйга হক وفي مولாஹும் மௌலாயாய আল্লাহ வந்து கொடுக்கான ஹக்கம் பண்ணுண்டோ അതിലേക്ക് ഒരു വിളിക്കില്ല ആദ്യപത്തഞ്ചാമത്തെ മന്ദബത്താവട്ടെന്ത അഞ്ചു താഴെ നത്രത്തിലേക്കും ജന്മത്തിലേക്കും ഒറ്റ കണ്ട അസ്ഥിരാദ്യോടൊപ്പം അവരെ കസ്തി വ്യത്യാസം ഉണ്ടാകാം وَمِنْهُمْ مَن يَقُولُ <سؤال> سَمِعْنَا وَنَطَعْتَ يَرِيدُونَ لِقَاعَ عَاجِلٍ وَآجِلٍ <سؤال> رَحِمَ اللهُ أَبْصُرُ جُنُودَهُمْ إِنَّهُمْ تَنَاوَ بِبَاغِ الدَّمِ حَتَّى كُلُّ بُودِيَةٍ وَالْقِيَامُ لَا إِلَهَ إِلَّا الرَّبُّ دِيَّا بَارَاهُمْ الْقَوَارِ لَدَيْنَا يَوْمَئِذٍ أَلْخَاوَاتُ الْخَوَاصُّ أَلَمْ نَأَذَ اللَّهُ بِمَحَبَّتِهِ وَدِيَارَ وَنَارَ وَعَالَمَ യുംവാനിങ്ങും അവർ തിരുമത്തെടുക്കും രണ്ടുപാടായി ഒന്ന് രണ്ടാമത് നസ്സിനെയും മടനിനെയും അവർ ദാനം ചെയ്യുന്നതല്ല അതിനോണ്ട് എന്ത് ത്യാഗം പറ്റുള്ളൂ മാത്രമല്ല മങ്കമത്തും ജസീ മറ്റും വലിയൊരു പദവിയ ഈ ഹിരുമത്തിന്റെ പദവി വലിയ പദവിയാന്ന് പറയും ശേഷന്മാർക്കല്ല വലിയ സബബോൾ സൗകര്യം ആലിപ്പത്തിൽ اللهم ان ماضيفتك ذيوا ذرل கொண்டு பவுசுட்டாலு சபபும் ஊடியானது திருமது وانا ذரजात المقربين و اين الصالحين وفي ذلك يقول سيد عبد الوارث رضي الله عنه وهو قد مثل بجاري سبب الرساله مولى الموادي ينت متى ناديوا قلنا وقال سيد يط الله في رضي الله عنه وعن الله ان القديم ما بنوه جميل അവൻ മുപരിഷാകും അവന് പതാഹുണ്ട് എന്ന് ഒരു ദലീൽ അറിയിച്ചിട്ടുണ്ട് ദലീപൻ അതല്ല അല അവതാഹി അവന്റെ നബ്സിനെ അവൻ അഹലാക്കി ഹിദുമത്തുചാരനോട് അലാക്കിയെത്തും എന്തെന്നെങ്കിൽ നീ കൈയിൽ ഹബീബിന്റെ വക്കൽ നിന്ന് വിത്താൽ കിട്ടാൻ വേണ്ടിയിട്ട് മഹബത്തിന്റെ ദുല്ല് അവന് തറയിതാക്കി തലവിൽ കുറുവിൽ ഹി ആണ്പോരണ്ടല്ല അത് ബൈപ്പട്ടുന്നില്ല അതിന്റെ അനന്തോലി അത്മാലമെന്ന് പരിശോധിക്കാം അമ്പിഹി സൂരപ്പമാർന്നുള്ള ഉസ്താദല്ല അവർക്കാണ് ഉസ്താദ പണ്ട് വാദിനോടൊപ്പം ഉള്ള സ്വയംഭത്തു എന്ന് പറഞ്ഞാൽ അവരിഹീനെ നിശ്ചിമാ ചെയ്യലാമി വഹിയത്തിന ഹാറ്റീക്കത്തിൽ സഹിതമഹത്വം അതാണ് ഹാറ്റീക്കത്തിനുള്ള സഹിതമഹത്വില്ല സ്വയംഭത്തേ സ്വയംബത്തുനിന്നല്ല അറിയുമോ ബാലോടൊപ്പം കൂടിയ സ്വരംഭത്തുനിന്നല്ല തിരുമത്തുന്നതല്ലേ ചെറിയ വിരാത കൂടിയാലും തിരുമത്തുന്ന തിരിച്ചു തന്നെ അബ്മാണിനോട് നിങ്ങൾ എത്ര കാലം സ്വഹമ്പത്ത് കത്തിയെന്ന് ചോദിച്ചപ്പോ അബോ മൻസൂർ പറഞ്ഞത് സബിം സുഹുന സിദുമത്താണ് ചെയ്തത് ഞാൻ ചെറിയ ആളാണ് ഒമ്മാ സഹിബത്ത് ഞാൻ സ്വഹമ്പത്തല്ല ചെയ്തെന്ന് കവി സമ്മാൻ എന്നായത് അതേ കബീലിനോട് സ്വന്തത്ത് കട്ടിയ ചുരന്തായി ഹിദമത്ത് എന്ന് പറയും സ്വഹബത്തെന്ന് പറയൂല ثم قال إني لعبو عبد الرحمن السلمي ورجلنه وقيمه من غذمة مصاده وعاجب مصاد إني خدمت معي للم الكلم عاجبا وقلنه والصبر تحت حكمه عبدات الحكم من جديد وصبر شنيل وصارك مخالطته معاهرة وباطلا معاهرة لنباطل مخالطته ليهجكل عميش ما قلنون كي قم باعي الشيطة الباطل للا يترم അവന്റെ കൗരയെ സ്വീകരിക്കലും വാതിമാകുന്നു അവന്റെ പുതുതായി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും അവരുമായി അവരുടെ കാര്യം അതും അനുഗ്രഹം സൃഷ്ടിക്കലും ആദരിക്കലും ഇതെല്ലാം അതേക്ക് പ്രതി ബന്ധമുള്ള എന്തിനുണ്ടാക്കണം തങ്ങളെ ആദ്യമാക്കണം ഇനി തങ്ങളെ തീരുമാനം അനുസരിച്ച് ജീവിക്കണം ആ തീരുമാനം കേട്ട് കഴിഞ്ഞാൽ നാഹിരുന്തോ പാർട്ടി ഹരജം തോന്നാൻ പാടില്ല എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഉള്ളത് എന്നുള്ളത് ഒന്നേം പാടില്ല അതേ വിധാന യും അതാഹോ അങ്ങനെന്താക്കി ജനദ് റബിയുള്ള മറുപടി കൊടുത്തു ആരൊന്നും ആ മറുപടി എന്താക്കി പക്കാട്ടാളെ എത്ര ആണെങ്കിൽ റബിള്ളാർ എന്ന് പറഞ്ഞ പതിനോടെയും സാക്ഷതപ്പഴ്വാസ്യതാണോ അപ്പൊ കുടുംബത്തിന്റെ മഹൻ പോലെയാവണം തകർ സഹാബത്തിന്റെ തകുതീപയാതാവിൻകിയാണല്ലോ لا ترفعوا صلاتكم فاصين من بني مناف ظهروا من قال كذه بما عليكم بما علم لا تقدموا لا تتقدموا انما لازم ان تقدموا الورقه هذه المجاوره لا تقدم من الا قدمه مقدمه الجمع المجاوره مقدمه, لنوع مقدمة, لنوع لن مقدمة لن اللي انا بنيت لك لي مقدمه اللي انا بنيت في فايده الاسمه المقله ആ മുക്കിമത്തൊന്നുള്ളത് ലാദ്യമായ കണ്ടം എന്നിട്ടും പാടില്ലാകുന്നു ലാജ്യമായ കണ്ട ലാ തുക്കിമോന്നെ തട്ടക്കോ അതിനാക്കാൻ വിരുന്ന് അമ്മ കഴിഞ്ഞ റത്തുകയും കൊണ്ട് ദീമം ഉണ്ടാ പാടില്ല പത്ത് തീരുമാനം രണ്ടാമെന്ന് പറഞ്ഞ് കഥ ഉയർത്താൻ പാടില്ല മോന്ന് അവരോട് സംസാരിക്കുമ്പോൾ ജഹുദ് കിട്ടില്ല അതോടെ പോയിച്ചു പിടിക്കും പറ്റൂല പേഷ്യന്റെ പേരുമായിട്ട് കൂക്കി പൊളിച്ചേരക്കാക്കുന്നത് എന്താണ് ും കൂിക്കും പേരി നവമാറ്റിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ആരാധകൾ പെരുമാറാം അതേ പിടിക്കാം ഉമ്മതിഹീൻ ഉമ്മത്തി ശരി അതെ അത് ശരിയാണേത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുത്തു വൻ ഹനിയേറ്റു അപ്പൊ ഇങ്ങനത്തെ ഹാനിയേറ്റ് ആദ്യം ജ്യോതി പറയുന്നു അന്നമോർന്നു കരി ഹരിണ്ടാവുന്നുണ്ട് നമ്മൾ ഹരിച്ച് മോർന്നു ഇതിൽ ജ്യോതി പറഞ്ഞിട്ടുണ്ട് എന്ന് ആരക്ഷീമിന്റെ അപ്പുറമുള്ളതാണ് തിരുമത്ത് തിരുമുക്കൊന്നും എടുക്കാണ്ട് അറിയാലോ അമ്മ ഭഗവാൻ അത്യമായ രക്ഷിതാവും പഠിക്കാൻ പോകുന്ന വന്യ വിനിയായി എന്താ പറഞ്ഞു അതില് അവൻ ഉണ്ടാകുന്ന പോലെ കാര്യങ്ങൾക്ക് ഇവനാ സഹായിച്ചു കൊടുക്കുക ഞാൻ സഹായിച്ചു കൊടുക്ക എന്നെ സഹായിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എത്തുകൊണ്ടിരിക്കട്ടെ അവരു കൊണ്ടുപോയി മാറി കൊണ്ടുനടുത്തട്ടെ അവഹിനി അല്ലെങ്കിൽ പോലെ ജാ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നിരിക്ക് വിളിച്ചു പറയാം കേട്ടാ ശരിയാക്കുമ്പോൾ മന്ത്രി ജാ ഉപയോഗപ്പെടുത്തി അങ്ങനെ ആക്കാം നാവ് മായകൾ പറയാ പരമാവധി എന്താ കഴിയുന്നത് അത് ചെയ്ത് കൊടുക്കാം അതാണ് ഇസ്മാലിങ്ങൾക്കുള്ള ഒരുമത്ത് എന്ന് പറഞ്ഞു എന്റെ ഉപ്പാപ്പയാ ഇസ്മാില ഞ ഞാൻ കണ്ട് ഞമ്മിൽ മഴാമിൽ കണ്ട് എപ്പോ എന്നോട് പറയുന്ന അലത്ത കാലമുരുമകളിൽപ്പെട്ട ഒന്നും നീക്ക അർജുനമാണേ പ്രക്കൂത്ത് ഞാൻ പറഞ്ഞത് ഉപ്പമാരമു ചിലതൊക്കെ അറിയാവൂന്ന് കുറച്ചൊക്കെ തന്നെ അറിഞ്ഞു അപ്പൊ അത് ഒരു നല്ല കാര്യാണ് ഒരു കാര്യമായ സംഗതിയാണ് ഏറ്റുക്കാരിനെ പറ്റി നിങ്ങളോട് ആരോ ചോദിച്ചിട്ടില്ലേന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഉം കട്ടപിത്തമാ കത്തപ്പെട്ട വലത്തത് വിളിച്ചാതിരയിൽ നീ എഴുതണ്ടല്ലോ എഴുതിയിട്ടുണ്ട് പക്ഷെ നിനക്ക് അതിലേക്കൊന്നും ആവശ്യമില്ല പഴയകാലം നീ എഴുതിയിട്ടുണ്ട് പഴയ പഠിക്കുമ്പോൾ എഴുതിയിട്ടില്ലേ അപ്പൊ പിന്നെ അതിലേക്കൊന്നും നിനക്ക് ആവശ്യമില്ല ഇന്നമായി തലാത്ത തൊഴിൽ മാത്രീ ആ മൂന്ന് കാര്യം പറഞ്ഞുതരാം വൈ അൻ സമ ആ നിന്നെക്കാളും മേലെയുള്ള അവരോട് കുടുംബത്തോടു കൂടി സിനിമത്തെടുക്കാം അപ്പം ആരൊരിക്കലും പക്ഷേ സിനിമ എടുക്കുന്നു നസിഹ നിന്റെ സമപ്രായക്കാരോടൊ നസിഹത്തോടുകൂടി ഗുണകാംക്ഷിക്കൊണ്ട് കഴിഞ്ഞു കൊടുക്കാം ബിറ്റപ്പ കത്തി നിന്റെ താഴെയുള്ള ആളുകളോട് കാരുടെത്തോടും പെരുമാറാം അപ്പൊ എന്താ ആകെ മൂന്നിനേനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ബെരിയാള് അല്ലെങ്കിൽ ചെറിയ ആള് അല്ലെങ്കിൽ നമുക്കാൾ മൂന്നാളുകളിൽ പെരുമാറ്റം വർദ്ധിച്ചതാ ചോദിത ജോതികം ചോദിച്ചിട്ടുണ്ട് പ്രസാദി തീ മൂന്ന് കാര്യം കേട്ടോ വളക്കത്തി ഇപ്പൊട്ട് വന്ന വളർത്തു ഞാന് വളക്കെത്തി നല്ല ജാമ്യ വാക്കല്ലേ പറയുന്നു അക്രാനികളോടൊപ്പം നമ്മടെ അക്രാണികളൊപ്പം നസിഹത്തോടുകൂടി എന്നല്ലേ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടില്ലേ ആ അത് എന്ത് വിറ്റ് അവർ കണ്ടെ സന്തോഷ പ്രകടമാക്കണം ഇന്ത്യ സ്ഥലത്ത് പ്രസംഗത്തെ വെളിപ്പെടുത്തണം അയാൾക്ക് വന്ന പോങ്ങനെ ഓരോ ദോഷം പ്രവർത്തിക്കാൻ പാടില്ല പിന്നെ മുവാ ഓരോ യോജിച്ച് നിൽക്കണം രക്ഷിപ്പിക്കാൻ പാടില്ല പിന്നെ മാവ് മകളിൽ മാറോപ്പിന്റെ ഹെത്താനം എന്തെല്ലാം ചെയ്യാതെ ഇതിനൊക്കെ ചെയ്യുക വൻ സ്വാധീനം ആ പക്കത്തിന്റെ അർക്കം എന്താണോ അതിനോടൊപ്പം സഹകരിക്കണം സന്തോഷം വന്നാൽ സന്തോഷം ദുഃഖം വന്നാൽ അവരോടൊപ്പം അനുകമ്പ പ്രകടിപ്പിക്കുക അങ്ങനെ ഓരോന്നല്ലാതെ ധോണിക്ക് ദുഃഖം വലിയ സന്തോഷിച്ചിരുന്നാലോ ഏകം എന്ന് ധോണിക്ക് സന്തോഷം വൈകിയോ ദുഃഖിച്ചിരുന്നാലോ അത് അസുഖിക്കാൻ ഞങ്ങൾ നോക്കും അസമൻ വർഷത്തിനോടൊപ്പം അവരോടൊപ്പം കഴിയുള്ളൂ അല്ലെ അതീസിനായിട്ട് അനിയത്തിൻ്റെ അറിയിക്കേണ്ടി നിനക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാതെ താങ്കൾക്ക് ഒരു വലിയ ഭരണം തോന്നുന്നു നിങ്ങൾക്ക് എന്താ അവരൊക്കെ താങ്കൾക്ക് അത്യാഗ്രഹം കൊണ്ട് ി നടത്തി ഒഴിഞ്ഞുള്ള ആളുകൾ മദ്ധ വിജ് ഹി ബസഹാദി ഓരോള്ള കാലിങ്ങനെ നീട്ടി അപ്പോ കാൽ അടവുകളായിട്ട് തോന്നുവല്ല തണുപ്പുണ്ടതകും നാറു അത് അടവ് അഥക അഥവാ ഒഴിവാക്കൽ അതിൽ തന്നെ മടങ്ങാകുന്നുണ്ട് ഞാൻ കഴിഞ്ഞു പക്ഷെ എന്റെ കാലത്തിനോട് ഇന്നത്തൊന്നും ഒരു ലക്ഷ്മം തോന്നാറില്ല ഇവർക്ക് കാലുകാലത്തേക്ക് നിർത്തി അതേപോലെ തരത്തിൽ എന്നെക്കുള്ള വി പങ്കെടുത്തു നമ്മുടെ പൊന്നലാജിയെ വന്ന് ആറ്റാജ്ജീത രാജിന്റെ ആപ്പാ തന്നെ ഒക്കെ ചൂടായി പൂത്തിനെക്കുള്ള കാലഘട്ടം ഹറാവാണ് കവിയിലാണ് ഇയം തന്നെ കൊണ്ട കാലഘട്ടത്തിൽ കൂടെ അയാൾ ചൂടായി പോകുന്നു അപ്പൊ പൊലാൽ ചോദിച്ചി പൂത്തനെ കൊണ്ട കാലഘട്ടം ഹെറാമാണെന്ന വിഷാദി പാത കൊള്ള കാലഘട്ടം എൻ്റെ കലാകത്താണെന്നാണ് അല്ല ലോകത്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാൽ നിർവഹിച്ചുകൊണ്ടാണല്ലോ കാലഘട്ടത്തിൽ ജോലി ഒന്നും വിചാരിക്കേണ്ട അയാളെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അയാൾ വിചാരിക്കാത്ത ഇയാൾ കാലഘട്ടാത്ത മനുഷ്യനാണോ അതിരുന്നൂടാന്ന് വെച്ചാൽ ആ പ്രശ്നമില്ല ഇതാണ് സമയം നോക്കാനില്ല അപ്പൊ അത്രപ്പെട്ടാണോ ഇയാളും ആക്കി അത് കഴിഞ്ഞാൽ ഏഴ് വിചാരമാണ് വിട്ടാരും നമ്മളൊന്നും പറയുന്നു ഇതാ ചെറുതാണ് മവദ്ധത് നല്ല കൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ആദാപു ചോറു പിന്നെ പിന്നെ വടക്കി വരാണോ എന്നാൽ പിന്നെ ഈ ആദാമു ചുറു നടത്തി കുറച്ച് നോക്കും اذي عندما صلى الله عليه وسلم كان عنده ابو بكر رضي الله عنه حضرته இரண்டണ്ട് ابو بكر পেছাতে ছিল بعد انا سما رسول الله जरुर صحافتا ركبت ابو وقتাঙ্গনা তার রুকমত মুলি وقال عندك বলছেন انا تصحي انا الا <سؤال> تصحي কি الملائকেতوں منهم الملائکہ মালেকहरु বলেন ശങ്ക പ്രകടിപ്പിക്കുന്നത് ആരോട് ഞാനും ശങ്ക പ്രകടിപ്പിക്കണ്ടേ അപ്പൊമാർ കാണുന്ന നടത്തരുത് അപ്പൊമാർ ബഹുമാനിച്ചോണ്ട് പക്ഷെ ആ പ്രകടനം ആരോപിച്ചുണ്ടായിരണമാക്കിയിട്ട് അവരോ ഇതത്തിന്റെ പൊത്ത് വരെ ഇവരോടുള്ള മൂന്നാമത്തെ അബദ്ധത്തിൽ വരെ ഓരോരുത്തർ ഒപ്പിച്ചുണ്ടി ബൈനഹുമാസ സ്മാ നവിയന്മാറിന്റെ അസമത് ഉണ്ടല്ല ശങ്ക അത് വളരെ അകമാണ് വളരെ അവരിക്കപ്പെടേണ്ടത് തന്നെ പക്ഷെ ആ യാത്ര മറ്റൊന്നും കിട്ടൂലേ രണ്ടാണിന്റെ അവിടെ പൽഹാരത്തുള്ള നബിയുടെയും ശേഖായും നദിയിലുണ്ടാരത്ത് അസ്മ അതിനകത്താണ് അനേകം പ്രശുദ്ധമായ മറ്റൊന്നാണ് പണ്ടോറവ് തീരുമാനിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇനി തുമ്മക്കാളായാലും മറ്റേ ബാക്കി والا جدالهم فيما يخالف في المذهب شرعاً ومخالفة النادرة المداحنة بعض العلماء شرع المخالفة عندنا الحديث المداحنة تقول ಅವರು तौरಪಡಲು ಅವರು ಪರರ ಮೂಡಿಕ್ಕೆ ಅಂತ ಸರಿಯாகுಲ್ಲ وقد قال روي من الله പറഞ്ഞಿರನ ما جاء في الصوفيه في خير ما تناطوا وستروا فلا حل لهم ಎಂದು ಮುன்பು ಹೇಳᱟมา ನಾನು ಮುன்பು ಹೇಳಿದുണ്ട് ಗೊತ್ತಿದ್ಯಾ പേജ് നമ്പർ ഇപ്പൊ പറഞ്ഞ കസവപ്പിന്റെ മതങ്ങളാണെന്നുണ്ട് നിറ്റിബാഹൻ നിറ്റിബാഹാണ് മറ്റേക്രം അദിറ്റിമാരൻ നേരത്തെ പറഞ്ഞു ഒറ്റ കൽബോട് കൂടി ഇങ്ങനെ സഹകരിച്ചു കൽബും കൽപങ്ങൾ സഹകരിച്ച് ഒറ്റക്കെട്ടാനാന്ന് പറഞ്ഞു കണ്ണാട് അതിനെതിരായിട്ടുണ്ട് ഗുബൈ എന്ന് പറഞ്ഞിട്ട് സൂപ്പിയത്ത് ഹൈലം ധനാപ്രാധന കാലത്തോളം അന്നേരത്തിന്റെ ഒറ്റക്കെട്ട് കേട്ടാന്നല്ലേ ആ തനാപുർന്ന ആന എന്താണ് വാറാതെ വക്കലിൽ നിന്ന് ചെറിയ തെറ്റായ കാര്യം കാണുമ്പോൾ അത് പ്രതികരിക്കണം അത് ആ തനാപുർന്ന ആന പതിനാൽ കൂടെ വിടാളെ തെറ്റ് ചെയ്യുന്നു തെറ്റിനെ വാറാട് ചെടി വെക്കുകയും ചെയ്യും അതൊന്നും പ്രതികരണമില്ല എന്നാൽ പല സഹതീ അവിടെ കയ്യിലില്ലാത്ത അത്തോന്ന് കണ്ട് എക്കയ കൊടുത്തിട്ടുണ്ട് തക്ക വയനുണ്ടാകുന്ന ഈ മക്കാളെ തെറ്റി തസ്സാ പേര് ഒന്നിനൊക്കെ ക്ക് ആര് പറഞ്ഞു അത് കബൂലോട് കൊടുക്കുകയും ഹക്ക് പറഞ്ഞത് ആരാണ് ആടെ ചെറുപ്പോ നല്ലോണോ ജീത്തെയ്യാനോ അവിടെ പറഞ്ഞത് ഹക്കാണോ അതിന് മുമ്പിൽ വളരെ ജീവിതം കൂടാ പിന്നെ അവിടെ മറച്ചറിയില്ല തനാഫെന്ന് വെച്ചാൽ പരസ്പരം ഇങ്ങനെ വിചാരിച്ച ഒരാളാണ് നിപ്രസ് അപ്പൊ അവിടെ ചെറൈന വിരുദ്ധമായ കാര്യത്തിൽ ആരെങ്കിലും ബന്ധമായെങ്കിൽ ആ തലോഫോബിക്കുന്നു അപ്പൊ ഹക്ക അവർന്ന് പറഞ്ഞോ അത് കബൂലോടുകൂടി കീട് നിക്കൊള്ളാ ന്യായം പറഞ്ഞ പിന്നെ പാർട്ടി എടുത്തു പറയാൻ വഴി കൽപ്പിച്ചു അവിടുന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്നതാണ് സഭാ മറബാടിലേക്ക് ആ സഭ മറുവാന്റെ ലഭിക്കില്ലേ അത് ഏത് കാലത്ത് ഇപ്പോഴുള്ള താരം അന്ന് ഈ മത്താത്തിന്റെ പരിസരത്തിന്റെ അത്ര പിറകള് ഇപ്പോഴെ പൊളിച്ച് പൊളിച്ച് നീക്കി നീങ്ങുണ്ടപ്പോയല്ലേ പള്ളി ഉണ്ടാക്കുമ്പോ സഭ മറുപാടിന്റെ ഇടയിലേക്കാണ് ഈ പാർട്ടി ഉണ്ടെങ്കിൽ അപ്പൊ ഈ ചെയ്യുന്ന ചിലപ്പം താമസിച്ചു ഈ പാർട്ടി പുറച്ചു കളയണമെന്ന് മെമ്മറുണ്ടാകാൻ ഉത്തരവിട്ടു സഭാളവൽബാസ് മെമ്പർ നമ്മളോട് ചോദിച്ച് കനാട്ട മാക്കാട് തങ്ങളെ സ്വന്തം കൈകൊണ്ട് വെച്ചു തന്ന ഒരു മീസാബ് നിങ്ങൾ മാറ്റിയോ അതാക്ക് തങ്ങളുടെ മുത്താപ്പാണല്ലോ മുത്താബരെ പോലെ തങ്ങളെ വെച്ചു തങ്ങളെ സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ച മീസാബ് നിങ്ങൾ മാറ്റിക്കളേ അപ്പൊ പിടിച്ചല്ല അപ്പൊ അങ്ങനെയാ എന്നാ ഇതല്ല ഇരുത്തുകൊക്കെ അതേ സ്ഥാനത്ത് നിങ്ങളെ കൈകൊണ്ട് തന്നെ വെക്കാൻ വേറെ പറ്റൂരാ കാരണം നൊവിക്ക് പകരം നെവിന്റെ മുത്താപ്പം ഞാനതിന്റെ ആളല്ല അത് അത് തന്നെ വെക്കണം നിങ്ങളെ കൈകൊണ്ട് വെക്കാൻ കാരണം വളർച്ച അതിന് എന്തോണം വലിയ സ്വന്തം ആറ്റിമാർ അത് ഏണിയൊക്കെ ഏണി പൊമ്പന്റെ തമ്മിലുള്ള പണിക്കും ഇവന്റെ പുറത്തു കളി തന്നെ ചെയ്തു പക്കാ അബ്ബാസ് പുറത്ത് കഴിച്ച് ആദ്യമായി ആദ്യത്തെ ചെയ്തോ അപ്പൊ ചെയ്തത് ന്യായമാറി ഞാൻ وَقَوْلُهُمَ مَذَلُ ما النُّفُوْسًا نفسك لها بدل جيد وراء البدلون الخدمة والمهنة و هذا لن يكون هذا نفسك في صاني قلت بكاته هذا لن يكون هذا نفسك هذا نفسك صلى الله عليه وسلم يقرأ وقال صوب مبتدل إن وريم أي مهان بالخدمة خدمة وراء كالي من اللي بالنبيه وسترده وريم صوب مبتدل يعني إنهم بدلوا نفوصهم وأحانوا هذه خدمة الشيوخ واللخوان യഹമാരരുടെയും നിസവായങ്ങളുടെ സൈദ്ധമത്തെ ചെയ്യുന്ന വിഷയത്തിൽ വറ ചഹിയത്തിനെവരണ്ടക്കി അൻ കീയപ്പെട്ടിക്കളഞ്ഞു ഫാനു ആയത്തുൻ നിർഫാൽ മഹാദു അഖസ മഖാമൽ ഹിസാൻ ലൈതവർകിചൂർ നൂൻ സുബ്ഹാനല്ലാഹി ഇൻ ആമീൻ വഹറതനാ ഫീ സൽക്കിഹി ആമീൻ ഇന ഇന്നി ദുള്ള ഇജ്തിമാഇൻ ദാബാജി പറയാൻ പോകും ഇൽമയക്ക മോഡി ക്ലാസ്സിൽ വന്നാൽ എന്താ ഇീകോ നോക്കാം വ അൻസതോരിൻ ദൽ മുബാക്കവാത്തി ورترم الماضي ما اول آتي مساء الشيخ عما اصطالوا الشيخا عما اصطالوا شيخا عما جيلوا ووقفوا من دون مالم يسلو وعاملوا بكل ما كان عليموا واقاموا واطافوا بتشمو വാൻസപ്പോ അവർ നല്ല ഇൻസാത്ത് ചെറിയ ഇന്താത്ത് കേട്ടതില്ലേ അനുസരിച്ചു നമുക്ക് മുന്നാണു പ്രവർത്തനം അടക്കി കൌരും ഫീലും അടക്കി പറയുന്ന കാലത്തിലേക്ക് ശരിക്കും ശർദ്ദക്കലാണ് ഇൻസാദ് എപ്പോൾ ഇൻഡൽ മുതാക്റാത്തിന്റെ നേരത്ത് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മുതാക്കറ നേരത്ത് അടങ്ങി എന്ന് കേട്ടുറമു അവർ അൽ മാവിയ മാവിയെന്നറിഞ്ഞാ മുമ്പ് കഴിഞ്ഞുപോയാൽ നേതാക്കന്മാരൊക്കെ ഹെക്റാമാക്കും അയിമത്തിനൊക്കെ വളരെ ബഹുമാനിച്ച് തവളിയത്തെല്ലാം ജലീറ്റ് എന്ന് പറഞ്ഞുള്ളൂ അരിതീപാതി പുറത്തെ നേതാക്കന്മാരെ കൗലല്ലുദ്ധരിക്കില്ലെന്ന് വൻ ആധിയനു എന്നാൽ വരാൻ പോകുന്നത് മുത്താഹ്രിയങ്ങളായി മാമിയങ്ങളെന്താ ബഹുമാനിക്കും മാവിയാത്തു പറഞ്ഞാൽ മാവിയ അരിവട്ട് മുൻകഴിഞ്ഞ കിതാബിന്റെ മുസല്ലിപ്പ് മുതൽ മുൻകഴിഞ്ഞ് അയിമത്തെല്ലാം പെട്ടു ആ തീയെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ആദ്യുള്ള ശേഖും അന്ന് ഇങ്ങോട്ടുള്ള മറ്റുള്ള ഇന്ന് നിലവിലുള്ള വല്ലമാളെല്ലാം പെട്ടു അവരെല്ലാം ആദരിച്ചു കൊണ്ടായിരിക്കും അത് കേൾക്കുക മറ്റൊരു സേഹന്മാരോടോ ചോദിക്കും അമ്മ ജഹിരോ വിവരമില്ലാത്ത കാര്യത്തിൽ ചോദിച്ചറിയും എന്നിട്ട് അവർ അവിടെ അവക്കുപ്പായി നിൽക്കും ഒരു തീരുമാനം എടുക്കാതെ എന്തിലിൻ തോന്നി മാലം യെസുർ അവരുടെ ബുദ്ധി എത്തിച്ചേരാത്ത ഒരു രംഗത്തല്ലോ അവിടെ എത്തുമ്പോൾ ഞമ്മക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും സ്വന്തം ഇഷ്ടൂല പിന്നെ വാമിനോ വിക്കുല്യമാക്കാര്യമോ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അണൽ ചെയ്യും വഹാസറോ മറ്റുള്ളവർക്ക് ഈ സാർ സ്വന്തം കാര്യം നിർത്തിവെച്ചുകൊണ്ട് ഈ സാറ് പോകത്തറോ അങ്ങനെ സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടേങ്ങോട്ട് മാപ്പാക്കി വഹത്ത ശാമോ പരസ്പരം അവർ ആദരിക്കുക ഓനിക്കിഷ്ടമില്ലാത്ത ഞാൻ ചെയ്യുക എനിക്ക് ഓൻപ്പെടുത്തെങ്കിലും ഓർ വെച്ചിട്ട് ഇങ്ങനെ ആവേശം ശങ്കം നമ്മൾ ഇവിടെന്തെല്ലാം വന്നു മുദാക്റാത്തിനോട് അഥവ പറഞ്ഞു മംഗളന്മാരോടും മുസ്താദന്മാരോടുമുള്ള ആദാബ് പറഞ്ഞു വിവരമില്ലാത്ത കാര്യത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഏ തീരുമാനം കിട്ടാത്തതിനെപ്പറ്റി എന്ത് പോണമെന്ന് പറഞ്ഞു പിന്നെ ഇൽമ കൊണ്ടുള്ള കടപ്പാടെന്താണെന്ന് പറഞ്ഞു പരസ്പരമുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു ശരിക്ക്മാർ തമ്മിലുള്ള ആറ് കാര്യമാണ് ആരെന്തും പറഞ്ഞത് ഇതിന് നോക്കാം ഒന്ന് ഇൻസാഫ് ൂർണമായിട്ടുണ്ട് എന്നാണ് അഞ്ഞറിയിപ്പ് ഒരു നല്ല കാര്യം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയുടെ ഗുണനെന്താ പറയുന്നത് ശ്രദ്ധ ചെയ്തു എന്നുള്ളത് അക്കിന് പൂർത്തിയാണ് ഇന്നത്തെ തെളിവ് പറയുമ്പോ തന്നെ ഇതിനെ കുമ്പീർത്തി കാണിച്ചു കൊടുക്കുന്നു ഓപ് വിഷയത്തിൽ ഏർപ്പെടുന്നു ഇന്ന് കളിക്കുമ്പോൾ മനസ്സിലാക്കാം മഹാപോട്ടക്കാരാണ് നമുക്കാന്ന് മനസ്സിലാക്കാം ാണ് ഒരാളെ അക്കല് പൂർത്തിയായി കഴിഞ്ഞാലും അന്റെ കലാമ് കുറയുകയും നേരെ തിരിച്ചു അക്കല് കുറഞ്ഞാൽ കലാം വർധിക്കുകയും ചെയ്യും വായുലൻ അൽ കലാമു ഇന്നമായിമിഹി ഒരു കഥാം അവതരിപ്പിച്ചാൽ അത് ഫർമു ചെയ്തപ്പോഴാ വിത്തമാമിഅ അത് പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പൊ പൂർത്തിയാകോ താക്കളെ ഇരുന്ന് ഴിഞ്ഞിട്ട് പൂർത്തിയാക്കാറോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയെന്താ പറയാൻ പോകുന്നോ ഇഷ്ടത്തിന് ഉണ്ടോ ഒന്നും തിരുന്നില്ല പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലേ അവന്റെ അടുത്തിൽ ഉള്ളത് കൊണ്ട് സംസാരിക്കണം തർക്കിക്കലി അതുപോലെ തന്നെ സണ്ട കൂടലി ഇല്ലാത്ത രീതിയിൽ ഇവനിക്കെന്തെങ്കിലും തിരിഞ്ഞൊരു കാര്യണ്ടാവോ സന്തം കൂടുതലോ തർക്കിക്കാനല്ല എനിക്കിങ്ങനെ മനസ്സിലായ മട്ടത്തിൽ അങ്ങോട്ട് അവതരിപ്പിക്കും നമുക്കിങ്ങനെ മനസ്സിലാവുന്നു വന എം ഈ സുക്കോത്തുമ്പിൽ കുല്ലിയെത്തി കേട്ടതിന് നമ്മൾ കുല്ലി ആഴ്ച ഉണ്ടാടുക്കണമെന്നില്ല എനിക്കുള്ള നമുക്ക് മനസ്സിലാകും നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാമല്ലോ ഇത് ഈ ശിഷ്യന്റെ ഹാടോ മക്കാമോ ഇവ എന്തെങ്കിലും സംസാരിച്ചാലുള്ള ശേഖരരിയുള്ളൂ മണിക്കെത്രത്തോളം ഞാൻ പറഞ്ഞ തിരിച്ചു പറയുമ്പോൾ മനസ്സിലായിരുന്നു എന്താ പറഞ്ഞേടാ അവിവരിക്ക് തിരിഞ്ഞിനോ തിരിഞ്ഞിട്ടില്ലേ തിരിഞ്ഞിട്ട് എന്താ തിരിഞ്ഞന് ആ മറുപടി പറയും മതി ശരി വക്കാല ശരീഖോക്കുന്ന സൈലി അലി റുബാബ് എന്ന് പറയുന്ന താലമിൻ മുതാക്കറത്തൊക്കെ നിങ്ങൾ പഠിക്കണോ ഇങ്ങനെന്തരിമ്പ് ഒരു നോട്ടക്കൊലിക്ക് വെച്ചിട്ട് അമ്പറിയാൻ പഠിക്കുന്നില്ലേ അറിയാൻ അറിയാൻ മുതാക്കളത്തിനെ പഠിക്കണ്ടോ അയ്യർമുൽസത്തിനെ നോക്കുമല്ലോത്ത കുറി അതിന്റെ മുമ്പന്നെ കുറിക്കൊള്ളണല്ലോ പത്താറത്തന്നാ മഹാ പാറത്ത കുത്താമഹ ചെലപ്പം താത് അതിന് മുമ്പിലോ പിമ്പിലോ തട്ട് ചെയ്ത് വരും അങ്ങനെയായിരിക്കും കുറെ എറുതുകൊണ്ട് തുമ്പായിരിക്കും ആ കുറിക്ക് കൊള്ളുക എന്ന് പറഞ്ഞു കൊറേ മുളാക്കാൻ ഉണ്ടാകുന്ന അവസരത്തിന് കുറെ തിരിഞ്ഞു നിന്ന് വരും തിരിഞ്ഞു ശേഷിന്റെ വാക്കിട്ട് മുനീദിന്റെ കൽവിന്റെ ഉള്ളിലും എതിർക്കപ്പെടുന്ന സാധനം ചിലപ്പം മുനീദിന്റെ കൽവിന്റെ കുരിച്ചു കൊണ്ടും പറഞ്ഞു കൊണ്ടില്ലാത്ത ആ പ്രതിരോധം പഠിക്കുമ്പോ എന്താകുന്നു മൃഗാകര പഠിച്ചിട്ടുണ്ട് അവതരിപ്പിക്കാനും ആദർത്ഥം അതുകൊണ്ട് പഠിക്കുന്നുണ്ടല്ലോ ആ കലാമ് ആദാസം ഇങ്ങനെ തന്നെ നെയ്യർത്ഥം വരുന്നൊരാതാമു പറഞ്ഞത് അത് അഥ പിന്നോട്ടി പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ആ പറഞ്ഞു നോക്കുമ്പോൾ വിശേഷം ശരി രണ്ടാമത്തെ ആയത്ത് ബന്ധം വഹത്തരൽ മാദിയ മഹസ്സല്ലാതിനല്ലവർ ഉദ്ദേശ അമ്മ ഇസ്റാമുൽ മാദി മാദിനെ കഴഞ്ഞു പോയ ആളുകളെ ഇസ്റാമുൽ ഫൽ മുറാദു അൻതക തമനസ്തഹാബതി വത്താബിരീന വൽ ഔലിയാഇ വസ്വാലിഹിന വൽ ഉലമാഇൽ ആമീനീൻ ഇവര ഉദ്ദേശിക്കുന്നു തലതിൻ വഹതിറബും അവരോട് ഇസ്റാമുൽ മോണം എന്നതല്ല യഖുറു അൽ അൻഖു ഇല്ല അൻസാ കൊണ്ടല്ലാതെ അവളെപ്പറ്റി മിണ്ടാൻ പാടില്ല വാങ്ങിയെന്ന് പറയുമ്പോ നീ ഫലാണ് അമീരത്തേക്കം അവിടെ അപ്പൊ ആ ചെലപ്പുസാരഹിങ്ങളിലേക്കായി ചെലപ്പുസാലഹികളെ പറയപ്പെടരുത് ഇല്ലാതെ യഹസാൻ നന്മ കൊണ്ടല്ലാതെ പറയാൻ പാടില്ല ശരി അഥവാ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന് എന്തെങ്കിലും പോലത്തെ എന്നാ അഹസൻന്താ നല്ല സൗജ്യം കണ്ടെത്തണം ഹാത്തിമി വളരെ വിവാദം ശ്രദ്ധിച്ചു പോയല്ലോ ഇവിടെ പറ്റി നബി മാമനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞെ അൽ കരാമു കലാമു സോഫിയൻ അത് സോഫിന്റെ കലാമാണ് മുപ്പുറത്തും പോയില്ല എഴുത്താനും പോയത് ഒന്നുമില്ല അത് സൂഫിയോ പറഞ്ഞ കലാമാണല്ലോ എന്നുള്ളത് മുപ്പുറങ്ങിട്ട് കഴിഞ്ഞു അട പങ്കിട്ട് വലിച്ചു ചെറുക്ക വിജയത്തിനൊന്നും ഓർക്കുന്നില്ല ഓറെ കലാമുദ്ദേശിച്ചിട്ടാ പറയുന്നു നിത്തും കഥകളാ കസമ്പത്ത് വലക്കുമ്മ്മാ കസമ്പത്തും വലൂന് അമ്മക്കാനൂ അമ്മ കുറച്ച മറുപടിയാണ് അത് മുമ്പഴിഞ്ഞ് പോയ ഉമ്മത്തന്നെ ഓരോ അധ്വാനിച്ച് ഓർക്കുണ്ട് നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങൾക്കുണ്ട് ഓട് ചെയ്തതിന് ഇപ്പൊ നിങ്ങളോട് ചോദിക്കൂല എന്താ അല്ല മറുപടി അല്ലേ അതൊരു സൂഫിന്റെ കഥ മുങ്കഴിഞ്ഞാളുകൾക്ക് ശേഷമുള്ള ആളുകൾ എന്ത് വേണം പറയ ൂന്നാണല്ലോ ഒന്നാ അവൻകഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി ആ കലാമെന്തോന്നറിയില്ല ഉറപ്പത്തി വിവാഹിപ്പൊ കൊറേ കലാമുണ്ടായിരുന്നു അതിന് കൊറേ ആള് ദേവീലോട് കിതാബ് ഉണ്ടാക്കി കൊറയാളും എല്ലാ എതിർത്തൊരു കിതാബുണ്ടാക്കി ദേവീലോട് ചുമ്പോ അത് സൂഫിന്റെ കലാപമാണ് സെൽക്കമ്മത്തും കഥഫല പി മാസബുത്തും അതും എല്ലാം അതെനിക്ക് അല്ലാത്ത അവളിയാക്കളേ ഇല്ല ഒന്നു വിശേഷം അവലിയാക്കളെ ഉണ്ടായിട്ടില്ല എന്നൊരു വാദം ഉണ്ടല്ലോ അത് പറയാൻ പാടില്ല ഗ്യാമൻ നാളെ വരെയുണ്ട് നിന്ന വരണ്ട് മാർദ്ദ കുടിച്ച് പറയ അത് പാടില്ല അള്ളാമത്തിനെ കുടിസ്ഥ അത് ഉണ്ടിരുന്നു അപ്പൊ എപ്പോഴാണ് പറയുന്നു നിന്റെ തരത്തില്ല ഉലിയാവും അവലിയാക്കന്മാരെല്ലാം പോയിപ്പ വനം ഞാൻ ഒരാളും ബാക്കിയില്ല മുങ്കാത്തേ സർവീയത്തോ സറിയം പോയി മുന്നൂറിന് ശേഷം റബ്ബി ആശ്ചര്യം ഉണ്ടായിട്ടില്ല വലാം ജപക്കോ മഞ്ഞല സറിയത്തിന് വറ്റുന്നാണ് ബാക്കിയില്ല ഏ അല്ല കാലൻ നാസു അല്ലെങ്കിൽ മുമ്പത്തെ ജനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു വരേച്ച ആദാതമാണോ ഈ അക്കാലല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ല ആ നെഹ്വിദാലിക്ക് ഇത്ര മീൻ സു എന്ന് തന്നെ ഇല്ല പക്ഷെ അള്ളാവിനെ കൊണ്ടുള്ള സൂം തന്നും അള്ളാഹിന്റെ ഇബാദിനെ കൊണ്ടുള്ള സുഖം തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കിട്ടാനില്ല സുഖം ഇല്ല അങ്ങനത്തെ അവലയാക്കളില്ല എന്നാലും അവലിയാക്കളൊക്കെ എല്ലാം കാലഘട്ടം പൊട്ടു പോയി പറയാനല്ലല്ലോ ഇവനെപ്പവനെല്ലാം ഇറങ്ങി എന്തിച്ചല്ലേ തീരുമാനിക്കല്ലേ ഇവനിക്കു വേണ്ട എന്താ ജോലി വേണം പൈസ വേണം പിസ വേണം വേറെന്ന് പറയും ബിരിയാണി വേണം കടന്നു ഇറങ്ങാനുള്ള വട്ട വേണം ഓമി ഡേസിയും വേണോ തൂറാനുള്ള അക്കൂസും പോണോ കഴിഞ്ഞില്ലേഹഞ്ഞത് കാര്യങ്ങളെ തൊട്ട് സുഹാട് ചോദിക്കൽ അത്മ് ചോദിച്ചുപോടിക്കലേ മുസ്ലിമിൻ ചോദിച്ചറിയണം ഉണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു മനുഷ്യനും അനിവാര്യം പാടില്ലാത്തതാണ് ഒരു കാര്യം ചെയ്യാൻ ദുനിയാധി അല്ലാഹുവിന്റെ ഹുക്മന്താണ് അതിലി എങ്ങണിയാണ് ആയിന്റെ വിധിയന്താണ് എന്ന് അറിയാത്ത കാലത്തോളം അതിനെന്താകക്ക പറ്റില്ല ദുനിയാ പാടില്ല എന്നുള്ളതാണ് ചോദിച്ചറിയണം ഹജ്ജിൽ ഹജ്ജി ഇ ഇന്തലാത്ത് തലാത്തി ഇക്കാഹ ഇന്താ അദാദിൻ വിഷയ ശരിക്ക് അർഞ്ഞു ചെയ്യുവണം അപ്പോൾ ചോദിച്ചോണ്ട് എന്തിനാ വൈന മാ യസാലുന അമ്മാ യഹ്താജുന ഇലി തൽ ഹാളി ഫിൽഹാലിൽ ആവശ്യമുള്ളതിനെപ്പറ്റി അവർ ചോദിക്കണ്ടു അല്ലെങ്കിൽ ചോദ്യം തീരൂലല്ല ഫിൽഹാലിൽ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചോദ്യം മറുപടി തീരൂല ഒരു കരക്കണിയൂലിൻ മക്കാമിൻ അമൽ ആകുമ്പോൾ അമലി ഹാലോ മക്കാമാണോ കൽബുമായി ബന്ധിച്ചത് ഹാലിൻ എന്നറിയുമ്പോൾ മത്സരിക്കാതെ നീങ്ങി പോകുന്ന അവസ്ഥ മക്കാറുമ്പോൾ മത്സരിക്കുന്ന അവസ്ഥ അപ്പോ രണ്ടെണ്ണം ബാപ്പിനെയും ഒരു നാല് രൂപ ദൂരമായത്താൻ തൊക്കെ പിന്നിൽ മുസ്തഖ് ബലിമീൽ മക്കാമാ വരാൻ പോകുന്ന മക്കാമാർപ്പറ്റി ഇപ്പൊ ചോദിച്ചറിയേണ്ടിയില്ല അതാണ് ഊബറോല്ലമാനം ധോണിമാലോന്ന് പറഞ്ഞില്ലേ അവർ എത്തിയിട്ടില്ല തോന്നിന്റെ കാലം ഒന്നും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കലകരമാവാത്ത മക്കാമുണ്ടാവും അതിപ്പോ ചോദിക്കൂലെന്നാ മുനാ റബിന്റെ ഇങ്ങനെ ഇറക്കി കൊടുക്കലാന്ന് പറഞ്ഞില്ലാസിൽ മുനാസലത്ത് ആ മുനാസലത്ത് കൊണ്ടും അത് ആസ്വദിച്ച് നോക്കുകൊണ്ടും അവർ എത്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഉണ്ടാവും അപ്പൊ ഇവരായപ്പുറം ഉള്ളത് അതിപ്പോ ചോദിച്ചറിയാന്ന് കൂലാം അത് ഷെയർ ചെയ്ത് ചെയ്ത് അവിടെ എത്തും പറഞ്ഞോട്ടെ അപ്പൊ എസ് അലൂനഅ അതിനെപ്പറ്റി ഓർ ചോദിക്കൂല ധ്യനു ലാ തുതിരിക്കൂ ചോദിച്ചോണ്ട് അത് തിരിയൂലു തുതിരിക്കു അവർ അക്കലവ് ചെയ്യൂലി വൈൻ അതിറക്കത്തു ഇതിരാക്ക് ചെയ്ത് വെക്ക എന്നാ ഇത്ത സ്ഥലത്ത് അത് തെഹക്കൂക്കിന്റെ വലിയ കൂടിയല്ല ചേരുന്നത് തഹാക്കൂക്കാണ് സ്വന്തം അനുഭവത്തിൽ കൂടി روكي تشيء. هذا بيضان الله كارثة وماتره أببورم تقريده يتمره فكا لرره أكثر من نفعيه داعجاهده. هذا هذا اللعنة قاعدة انتشغل دكليه نفعنا كاان لرره ينده قولون. يعني الآلامة الله ورده وعملوا بكل ما كد علمونه. هذا هو الرجاء. أمّا عملهم بكل ما علموا فلعن لمن أحتيجة للمان فالعلم بلا عمل وسيله بلا غايه عمل الا كان العلم اثر لا لا لخصم الا ما ماثرى فاذا وسيله واذا பாதல் கு இன்னொரு 보면은 அத லச்ச லச்சில ইলம நம்மல லச்சนൊന്ന இல்ல இவ அமல بلا علم yeah. العلم اللي... இல்ல عمل செய்தான ஜினா அது குற்றமா ஆனதா 와பின் ஹதீஸில் உண்டு மதலுல் ஆலமி الذى لا يعمل كسم கسم اثيل അമലില്ലാത്തൊരു ആലിമിന്റെ ഉദാഹരണം മെഴുകുതിരി പോലെയാണെന്ന തെഹരൂഖു തെഹറുക്കു നഫ്സഹ തഹറുവാ ആതിങ്ങനെ ഒരു കിട്ടിയിരുന്ന് കത്തിയിരുന്ന് ഇപ്പൊ തോന്നിയവരാൻ മറ്റുള്ളവർക്ക് വെളിച്ചവും കിട്ടുന്നുണ്ട് അപ്പൊ ഇവനിങ്ങനെ ഉണ്ടാക്കുന്നു പാടുപെടുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇൽമോട്ട് പ്രകാശം കിട്ടുന്നുണ്ടാവും അനുജന് അനമതി വിളിച്ചെന്ന് പറഞ്ഞ എത്ര കാലം മതി അരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അരം മറ്റുള്ള കത്തിക്കെല്ലാം മൂർച്ച ഉണ്ടാക്കലോ അരങ്ങൊണ്ടാണ് ഈ അരം കൊണ്ട് മാത്രം മുറിച്ചാൽ കാര്യം മുറിക്കാൻ അരം കൊണ്ടിരിക്കുന്നില്ല അപ്പൊ മുറിക്കുന്ന സാധനത്തിന് ഒക്കെ മൂർച്ഛ പൊട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ കാല ഈ അരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കാം എല്ലാം ഊപ്പറിങ്ങനെ തെരച്ചെന്ന് പറഞ്ഞു ഇങ്ങനൊന്നും പറ്റൂലം കുറിച്ച് പോക്കാന്ന് അരറ്റ വാക്കി രക്ഷിക്കുന്നു ൊണ്ട എന്ന് വിളിച്ചു പറയുന്നു ഫൈം വധു അങ്ങനെ ആ വിളിച്ചു പറയുന്ന അമലെങ്ങാനും കിട്ടിയാൽ കരു നേടി ഈ ചോറ് ഉണ്ടാകുന്ന പറയുമ്പോൾ വിശക്കുന്ന ആളെ ചോറ് കൊണ്ടാന്ന് വിളിച്ച് പറയുമ്പോൾ ഇൽമുണ്ടാക്കും അമൽ കൊണ്ടാ എന്ന് വിളിച്ചു പറയും കിട്ടിയെങ്കിൽ നല്ലത് വ ഇല്ല അല്ലെങ്കിൽ ഇറുത്തഹല അത് സ്ഥലം പോകും പിന്നെ ഇൽമിൻ്റെ കൽവിൽ പതിനഞ്ചാറുണ്ടാവും ചിലപ്പോ ഇർത്തഹലെന്ന് പറഞ്ഞിന്റെ നൂറായിട്ടാ പോകും അതൊക്കെ ഒരു ഇൽമിൻ അമൽ കൊണ്ട് തൈതാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരും പിന്നെ സുംബാന്തജ നൂറം താമൻ താമറിനെ ഉൽപാദിപ്പിക്കും ൻ നൂറ് ഹിക്കുമത്തൻ ആ നൂറ് ഹിക്കിമത്തിനെ ചെയ്യിപ്പിക്കും ആദ്യം ഇൽമിന് അമലി കൊടുത്തിട്ട് വളം കൂട്ടി കൊടുത്താൽ ഇത് വലുതായി അതിൽ നിന്ന് നൂറാറീത്ത് കായ്ക്കും ആ നൂറാറീത്ത് ഹിക്കുമതിനാ കായി ആ സാഹിബിന്റെ പക്കന്നുണ്ടാകുന്ന മുഴുവനും ഇൽമ ഹിക്കുമത്ത് ഇൽമ ഹിക്കുമത് ഇതൊക്കെ പോകുന്നുണ്ടാവും ഇൽമാസും ഹിക്കുമ്പോർ പോയി ജിബും പെട്ടു മുസ്താഹും പെട്ടു ബറു കുറെ സന്നദ്ധിക്കിരിക്കന്നല്ല തർക്ക് ചെയ്യാനുള്ള കാര്യം തർക്ക് ചെയ്യില്ല അതിന്റെ അമലാന്നല്ലോ അമല കൊണ്ട് ഒന്ന് കുറെ ചെല്ലലും പാടലും നാബ് കൊണ്ട് കുറെ ചെല്ലലും പാടലും ഉറക്കം നിൽക്കിരിക്കുന്നു മാത്രം കേസിലുണ്ടാവും ദുഞ്ഞാവ് മോശമാണ് ഞാൻ അറിഞ്ഞ് ആ തുഞ്ഞാവിന്റെ പോകാതെ സുഹൃദാവൽ അതിന്റെ അമലം എന്നല്ലോ എന്തിനാ മോശം തർക്കു ചെയ്യണം അതതിന്റെ അമലമെന്നല്ലോ പക്ഷെ അമല് കല്പിലായിരിക്കും നോക്കാം ലിഖയും മഹബത്തും വലിയൊരു കാര്യമാകുന്നു എന്ന് പഠിച്ചുവെച്ചു കഴിഞ്ഞാൽ ലിഖയും മഹബത്തിന് ഉണ്ടാക്കലതിന്റെ അമലം എന്നല്ലോ അതിന്റെ ധൈര്യച്ച് പിന്നെ ആ സർവ് ആ സെറുവനാം അപ്പോ പഠിക്കുന്ന വേളയിലുള്ള ഈതാർ മറ്റൊരു ഈസാർ കണ്ടു കഴിഞ്ഞുപോയിട്ടുണ്ട് ചേങ്ങലെ സാമ്പത്തികമായിട്ടാറ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു ഈദാറേതായിരിക്കും ഉസ്താദിനോട് ചോദിക്കലോ മറ്റോ വേറെ ഏൽപ്പിക്കുക നിയോഗിക്കണേ നിയോഗിക്കണേ നിയോഗിക്കണേ മറ്റേ നോക്കേക്കല്ല വേറെ കൊണ്ട് ചോദിപ്പിക്കണേ ആ സർവലാം കലാമി കലാമിലെന്താക്കും മറ്റുള്ള ഒന്നാം സ്ഥാനം കൊടുക്കലാണ് അക്ബറും ഓർമ്മ മുന്തിച്ചിടും ഓർ ചോദിക്കട്ടെന്നാലേ ചോദ്യത്തിന് മട്ടം പോലെ ചോദിക്കാറുണ്ടല്ല ആ ഒരു സിന്നൽ അല്ല വായസ ഒന്ന് ഒരു ഇതാത് രണ്ട് വയോ സിറോനീ സുദൂറിൽ മജാഫിയിൽ മജലിസ്റ്റുകൾ അതുപോലെ ഇരിക്കുന്ന ക്ലാസ് എല്ലാം ഉണ്ടല്ലോ അവിടെയെല്ലാം വലിയ സീറ്റ് നല്ല ആ സീറ്റുകൾക്ക് നിങ്ങൾ എന്ന് പറയാല് അത് അത് ഇത് വെക്കൊല്ലും മാത്രമേ താലീം താലീമുള്ള എല്ലാത്തിലും എരിവാ ഹഫ്തഫറൂ വന്നാ സാമഹൂ വഅഫവ അൻ ജുബതിൽ ഇഖ്മാൻ ഇഖ്മാനീകള വെക്കുന്നണ്ടാന്ന് ചില പുസ്തകങ്ങൾ ഉണ്ടാവുന്നു അതിനെ തൊട്ടോറും മുസാമഹത്ത് ചെയ്തിരിക്കുന്നു യഅരി ഇഖ്മാനീ അള്ളാദീന മിതഹല്ലബൂ സബാബം തഹ്രീമാകപാടാത്തവർ ഉണ്ടാകും ഫസ്വബറു വലഗ്നഖീം ഫിൽ മുദാക്കറത്തി മഗൈരിഹാ കേവ ഫ മുദാക്കറൈന മറ്റന്താന്ന് ചെറുപ്പം കടപ്പത്തി പറലക്കും ചെറുപ്പം шейഖാ ദികുല്ല മുദാക്കറ ചെയ്തി വേറെ പറയും എന്താ സദസ്കർക്ക് പറ്റാത്ത രീതിയിൽ നിങ്ങൾ സംസാരിച്ചു പോയെങ്കിൽ അത് തൂങ്ങി പിടിക്കരുതെന്നും പണ്ട് അങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞു ആ ഇള്ളത്തതാ കൺപ്പത്തി പറഞ്ഞേക്കിനി അതല്ല നിങ്ങൾ സ്പൂർ ആക്കിയേക്കു എന്ന് പറഞ്ഞു മുഖാസമത്തവൽ മുലാജത്ത ബിൽഹദി റതബ് മുഖേന മുലാജത്ത് ലജൂച്ചില്ല തർക്കം കൂടലി ചോദിച്ചവലും ചോദിച്ചുകൊണ്ടിരിക്കില്ല മല്ലജ്ജ മലജ്ജെന്ന് പറഞ്ഞില്ല അതിൽ കൂടുതലും കുട്ടികൊണ്ടെന്നാ പ്രവചിക്കൂ അതെ മുഹാസമ്മത്ത് പണക്കം മുനാസത്ത് ചണ്ടകൂടി മുതലായവ എല്ലാം അവർ ഒഴിവാക്കും എന്തുകൊണ്ടല്ല ഈ അന്റെ കാലം കഴിഞ്ഞു അന്ത്യയിലെ ഷുറൂറി വല്ല അതാവ അത് ഒരുപാട് ചെറിലേക്കും അദാവത്തിലേക്കും ചെക്ക് എല്ലാം എന്തായി തീരും വഴിതെളിയിച്ചറിയും അപ്പൊ തഹുറ മുജാദരത്തി മുതാക്കറത്തേക്കെത്തി മുജാദരയും നിറാവ് അയച്ചു തമ്മി തല്ലെന്ന ചുറ്റുപാടിലേക്ക് എത്തി തീരും ഒന്നും വേണ്ട മുഖത്ത് കാല അലിസ്ലാം ഹക്ക് കാരണമാറിഞ്ഞതോടൊപ്പം തന്നെ അതേ ഹാജത്തെ നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു മിറാൻ ഒഴിവാക്കിയാൽ ബൊലിയനഹം ജന്ന സ്വർഗത്തിന്റെ അയയിലായിരിക്കും ഒരി എനിക്കറിയാം ഞാൻ പറഞ്ഞ ഹക്ക് തന്നെയാണെന്ന് എന്നിട്ട് അതിന്റെ മറ്റേങ്ങൾ മുഴിച്ച് തർക്കിക്കാം തർക്കിച്ച പ്രശ്നമൊന്നുമില്ല ഹക്കിന് വേണ്ടിട്ടല്ലേ ആ മിറാ വേണ്ട ശൈലി വേണ്ട നിങ്ങൾക്ക് ഉപേക്ഷിച്ചു എന്നാൽ ആനാൽ ജന്നത്തിലാണൊരു ബൈറ്റ് വമ്മൻ തറക്കൽ മിറു മുബുത്തിൽ അറിയാം എന്നിട്ട് വെച്ചാൽ കാരണം മറ്റോണിക്കാൻ നല്ലവണ്ണം പറഞ്ഞു ജയിക്കാൻ കഴിയേലേ വിനേരവശത്ത് തൂക്കുവല്ല അപ്പൊ തോച്ചു വേണമെങ്കിലും ആവോ ഇറത് അവടെ ക്ലാസ് താണത് അശ്വലജ്നത്തിലാണോ എനിക്ക് ബൈറ്റ് ഇട്ടതല്ലോ മറ്റോനിക്കലാക്ക പറഞ്ഞു ജയിക്കാതെ എവിടെ പണി തെളിയിക്കാൻ കഴിയുമല്ലോ എനിക്ക് എന്നാലും വേണ്ട ആ തർക്കത്തിൽ നിൽക്കുന്നില്ല കാര്യം പറയാൻ നക്കാം ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിച്ചു എന്തെല്ലാ പറയുന്നത് അതിലെ ഇൻസാഫോട് കൂടി മാത്രമാണ് അവർ ഏത് കാര്യത്തിനും കൈകാര്യം ചെയ്യുക എന്തെങ്കിലും തീരുമാനമെടുക്കരുത് പിന്നെ സാഫിയായ നല്ല ഉറവിടം എവിടെയാണോ അവിടെ അവർ കുടിക്കുകയുള്ളൂ മനസ്സിനോ പ്രവർത്തനത്തിനോ കളർപ്പുണ്ടാക്കുന്ന ഒന്നിനെ വെച്ച് ചാടൂലാന്ന് പറയും അഷാർഖായി ബാധഹും ബാദം ഹക്കിന്റെ വിഷയത്തിൽ ആരും സോപ്പുട്ട് കളിക്കൂല ഹക്ക് ഹക്കൈ പറയും ആരെയും അടന്തൂല്ല ഹക്കും കളിക്കാൻ പറ്റൂല വലായുനാഫക്കും ബാധവും ബാദൻ ബാങ് ബാധനോട് മുനാഫൊക്കെ ആയി തീരലൂല ിൽ മാറൂഫ് മാറൂഫായ കാര്യം കൊണ്ട് അവരെ പരസ്പരം കൽപ്പിക്കുന്നവരാണ് മീറൂനാണ് തൊട്ട് പരസ്പരം വിരോധിക്കുകയും ചെയ്യും അതിലാരി അപ്പൊ അദിലി കൊണ്ടവർ വിജിക്കും അല ബിൻ മല ബാലിഹിൻ ബാലൻ ഈ ബാലൻ എന്തായിരിക്കും ഏറാകും പോയ അക്ക് മൂന ബില്ല അതിലി അതില് കൊണ്ട് വിളിക്കും അല്ലാ ബാലയും ചില ബാലിന്റെ മേലും പിന്നെയും ബാലൻ എന്താ അതിലുണ്ടോ ബാലൻ അതൊരു പ്രത്യേക ഒരു ബുദ്ധിം തെളിയുന്നില്ല അല്ലെ എന്തിന്റെ അലഹബാദ് മുഹുല്ലായില്ലേ ഫൈനാണ്ടല്ലോ മീറ ഫൈലപ്പിൻ അലാബാദിനി അലഹബാദാണല്ലേ മഫല്ലത്ത് ഞാൻ നോക്കുന്നുണ്ടോ അലാബാദ് സ്വാദ് കിട്ടുന്നില്ല കാര്യം മനസ്സിലാക്ക വഅല അൻഫുസിക്കും വനഫ്സിനദിരായതും അണ്ടാകും സറപ്പോ നീതി ഉണ്ട് അതിനെ ഒതു വിദിക്കൂ നഫ്സിനെ ന്യായിക്കാനക്കൂലാ സ്വന്തം നഫ്സിനെതിരെയാൽ കുനു കവവാമീന ബിൽ ഖിസ്തി ശുഹദാലില്ലാഹി വലവ അലൻഫുസിക്കും അബിൽ വാലിദൈനി വൽ അക്റമീനാന അത്രമത നീതി വമൻ തവജ്ജഅ അലൈഹി അക്മുൽ ഹുഖൂഖി അൻസഫ വരാനൊ കെദൈയത അണ്ടാക്കി ഹക്കിൽ പറ്റോയ ഹഖ തവജ്ജഹയാൽ അൻസഫ വഅദി അദിനെ വടി അവന നട ജീവിതും വരാകെതിരെ ഒരു ഹഖമന്നുപോയി എന്നാൽ ശരി തന്നെ വളരെ ജീവിതം സ്വന്തം ജയിച്ചനു കൂലാണ് അതെ വാങ്ങാതലില്ലാത്തിയ ഹക്കിന്റെ വണ്ടി ഓക്കീഴുതും വല എ അതിന്റെ വണ്ടി പച്ചപാതം കൂടുലാം നീതി നീതി തന്നെ വല എത്തഹാമ അമിയ ജാഹനിയ കാലത്തുണ്ട് ഹക്കംപാതത്തിൽ നോക്കാതെ കണ്ട് ഭക്ഷം കൂടുതൽ ഒരു പോരി നമുക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പാർട്ടിക്ക് പോലെ എന്ത് നമ്മുടെ തന്നെ ജീവിതം ന്യായീകരിക്കാം എനി പറയാ അതിനെ ഇൻസാഫ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് കഴിഞ്ഞത് കേട്ടും അതിലെന്റെ ഹക്കത്ത് എന്താ ഹക്കന് നടപ്പിലാക്കുക അത് റിയാദത്തോലോ വരാത്ത രീതിയിൽ ഹക്കന് നടപ്പാക്കുക എന്ന് حقيقة العدلة. إنصافينا رأينا مباما رأينا وإنصافينا من نفسهين. نعمنا تشترينا مبتوطني كينا بيتهنك ركي يوضمينا. مرولي الله ونرؤي وردين. لأينا وإنصافي ولي اعتراف به من غير توقفين. ولي توقفوا اللاتا ديديهني سوائم سمدقيا تشتري وانا تشتري تشتريتين سمدقيا تشتريين. ويو قالوا هذا وإنصافينا نعينا ويجورتوه ഇൻസാഫിന്റെ മകനടുത്ത് വരുന്നുണ്ട് എന്ന് വന്നിട്ടു ഇതിൽ എഴുപത്തി എട്ടാമത്തെ പേജ് വള്ളി ഇൻസാഫ് ലേറ്റർ ഓഫ് എന്നൊരു പാഞ്ചിലുണ്ട് ഇൻസാഫ് എന്നത് നേതാക്കന്മാർ ജീമത്തിൽപ്പെട്ടതാണ് കണ്ണി ദുസഹനങ്ങളില്ല എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ ആ ആൻ മതി കാര്യം ആകുന്നുണ്ട് പറഞ്ഞല്ലോ അത്യാവശ്യമാണ് പിന്നെ അങ്ങനത്തെ അസിമാക്കല്ല അൻസാഫ് കൊണ്ട് എന്ന് വെച്ചാല് അതെ ശരി ശുമുഖ ആ ഇൻസാഫിലെ നാസിമാകാൻ ഇലമിന്റെ നാസിമാകും രണ്ടും മക്ക നോക്കാം ആ മുസ്സാഫെന്ന് പറഞ്ഞാല് അതൊരു അല്ലെങ്കിൽ ലവീർ ഇവിടത്തേക്ക് മക്ക പോലെ അവനും കൂടെ പറയാനുണ്ട് ിൽ ആലിമിമിന്സാഫ് കൊണ്ട് തെഹഫു കായും പോണോന്ന് ഏത് മദീഫത്ത് മാത്രം പോരാ തഹഫൂഖാണ് ഏത് അവസരത്തിൽ ഹക്ക് എവിടുന്നാണോ വിളിപ്പെടുന്നു അവിടുന്ന് ഹക്കിലേക്ക് ഓടിക്കു മടങ്ങണമെങ്കിൽ എപ്പോഴും തഹഫുഖക്കണം അപ്പൊ നേട്ടവനെ ലുസൂമെ കറിഞ്ഞു തഹഫു കാണുന്നു തഹഫു അതുകൊണ്ട് സിദ്ധിച്ചവനാൻ അറിഞ്ഞാലും പോലെ അല്ല വണ്ടനോ വോർത്തൻ ആണ് നടピലാക്കാനാണല്ലോ ഈ തഹഖുഖുണ്ടാവും വഖദ ഖാലു ഇദാ അഖത അൽ ആലമൂ ലാ അദരി യുസീമതു മഖാതിലുഹുൻ അതുമുമ്പേ പറഞ്ഞിട്ടുണ്ട് ചില ആഴകമാർ പറഞ്ഞു ഒരു ആലിമിനെ പഠുവേത്തിയാടി ലാ അദരി ഞാൻ അറിയുന്നില്ല അവന്റെ മഖാതിലുന്റെ മർമ്മസ്ഥാനം അടി ഉടലൻ കൊണ്ടാ വെച്ചുകൊണ്ട് മർമ്മകളുണ്ട് ആ മർമ്മങ്ങൾക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ലെന്നുവെച്ചാൽ അവരാര്ന്നുണ്ടോ എല്ലത്തോടെ പ്രശ്നമാണോ മറ്റുള്ള അത് മധുര കേൾക്കലല്ല മക്കാനി മക്കാനെ അല്ല അതിരിന്നുല്ല അതിരി വിട്ടു ആളെ അച്ചിരി പോയ വന്നു അതിലേ ഇതുമതി മുമ്പ് കഴിഞ്ഞാണ് അവിടെ ഞാൻ അതിരി ചേർക്കൊടുത്തു അതില്ല ആ ലാതിരി ഞാൻ അറിയുന്നില്ല അവന്റെ മക്കാത്തിൽ അത് കൊണ്ടിട്ടുണ്ടോ എന്നുവെച്ചാൽ അവർക്ക് മാരകമായി പിടികൂടിയിട്ടുണ്ട് അബ്ദുൽ മഹദിന്നില്ലല്ലറിയാത്തൊരു കാര്യത്തെ പറ്റി ചോദിക്കപ്പെട്ട അതിരിയപ്പോ ലാ അതിരി എന്നെ പറയും എനിക്കറിയില്ല അറിയുന്നൊരു കാര്യത്തിനെപ്പറ്റി ചോദിച്ചാലോക്കൊരു ഓറ് പറയും മൊഹിബു അൻ നസു കി വേറെ ആളവർക്കെന്ന് ഞാൻ കേൾക്കാൻ ആശ്വാ ഞാൻ പറയേണ്ടിയില്ല വേറെ ആൾ പറഞ്ഞ് കേൾക്കാൻ എനിക്ക് ആശ അത്രയും ഉപർ സ്വന്തം പറയാൻ കയ്യാറാവൂല കാല് ദർ എന്ന് പറയുന്നത് അജീബി മാ സൊമിഹി ലാലിക്ക ഈ വിഷയത്തിൽ കേൾക്കപ്പെട്ട അജീബാന്നണ്ട് അന്നബിൻ ഹാജി ഇബിൻ ഹാജിന്ന കിതാബിൽ ചെയ്തു انه لما طلب شيخه ابن ابي جمرا رضي الله عنه دهدي عارف ابن الحجي كان يقرا عليه اورا ميل ودمد شيخون ورني عن منك كتاب كتب قال له اورا برني شيخون ده ورني واتتركون وتتركونا وتتركونا لا وتتركل القولى والنكافر الذين كنت تترعى عليهم നീ ഇത്രകാലം ഓദി കേൾപ്പിച്ച കുറെ അക്കാബിനാ കൊള്ളാത്തലുണ്ടല്ലോ ഓരൊക്കെ ചാടുകയാണോന്ന് ശരിക്കും തോന്നിട്ടാ പറ ഞാൻ കുറച്ച് ഗീത്താർഗത്ത് നോക്കത്തേ നീ ഇത്രകാലം ഓദിയാ വലിയ വലിയ നേതാക്കന്മാറിലുണ്ടല്ലോ ഓരോ ഉപേക്ഷിക്കയോ എനി പത്തക്രീ എന്റെ അടുത്ത് പോന്നിട്ട് ഓടാനാ സാല നൂപ്രസം തൂ ഞാനത് തീരുമാനിച്ചു ഓയിരുന്നു കാല ഇസ്തഖരില്ല നീ അമ്മർത്തി കാല ഓരോ ഇസ്തകർത്തു ഞാൻ ഇസ്തൃതാർത്ഥി തുമ്മ ചെയ്തും കഥ പിറ്റേന്ന് വീണ്ടും പോയി പോലത്തെ കാല അസമ എന്താ അസമ ചെയ്തോ കൊറച്ച് ഞാൻ എന്ന് പറഞ്ഞു കാല അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ഓയിത്തരാ പക്ഷെ ഒരു കാര്യമുണ്ട് ലാ യഹ്തൂർ അല്ലാ ബാലിക് അന്നത്തെ ജലസ്ത ബൈന യാലിമിൻ ഒരാലിമിന്റെ മുമ്പിലാന്ന് ഇരിക്കുന്നതിന് മനസ്സിൽ തോന്നാൻ പാടില്ല അപ്പൊ ഞെ നിങ്ങൾ ആലിം വന്നിരിക്കാൻ വലായില ആലിമിൻ ത മുത്തൻ നീ ഒരു മുത്താലിമമായ രീതിയിൽ ഒരു ആലിമിനെ കൊള്ളിയാണ് ഇരിക്കുന്നതെന്നും നിചാരിക്കാൻ പാടില്ല അപ്പോ നമ്മ സാമാന്യമായി സുഹൃത്തുക്കളായാ മതി അവർ പറയുന്നു വലാക്കിന്ന നമ്മള് കൗമൻ ഒരു കൗമാ നിചിത്താതി തെരബിയ ഹക്കാമില്ല അന്നാന്റെ ഹെക്കുമ്പോൾ തേടാൻ വേണ്ടി നമ്മളെല്ലാം കൂടി ഒരുമിച്ച് കൂടുതല കോമാന്ന് വെച്ചോളി ഞാൻ പറഞ്ഞിരുന്നാളോ നിങ്ങൾ പഠിക്കുന്ന ആളോ വേണ്ട നമുക്ക് എല്ലാവർക്കും കൊടുക്കാറിയും ചെയ്യാ എല്ലാം ഫൈം വരതിനാൽ ഹക്ക നമ്മ ഹക്കിന് എത്തിച്ചാൽ അലാൽ ഇസാനി സബിയബിയൽ മക്തബി ഈ ക്ലാസിൽ പഠിക്കുന്ന സബീന്റെ അളക്കെന്നാണ് ഹക്ക് തിരിഞ്ഞതെങ്കിൽ ഇത്ത പേര് നമുക്ക് എല്ലാവർക്കും പിൻപിറ്റിയും ചെയ്യാം എന്ന സർത്തോടുകൂടി പറയേണ്ടത്തോളം ഒന്നും നോക്കൂ കൊൽത്തു ഫഹാദ് അൽ അമ്രി കാന ഫാദി ഈ കാലം തന്നെയാണ് അൽ അമ്രു ഒരു കാര്യം അല്ലതീ ഖാൻ ആലിഫ് ഹാദിഹിൽ നിമ്മാന്റെ സലഫു സ്വാദിഹി സ്വീകരിച്ച കാര്യം ഇത് ഈ ശൈലി തന്നെയായിരുന്നു ഓറ് വലിയ ഭാവി ഓറ് വലിയ പഠിക്കുന്ന ആളോ ഓറും വലിയ താണിരിക്കുന്ന ആളോ അങ്ങനത്തെ അങ്ങനല്ലാത്ത വശം ഒരാൾ പറയുന്നത് തൊണ്ടത് തട്ടാണ്ട് വന്ന സ്വഭാവം തന്നെയായിരുന്നുവെങ്കിൽ പിന്നെ ഇഫ്തലാഖില്ല ആ പറഞ്ഞ ഒന്നേലൊരാൾ നിലവിലുണ്ടാവും ബാക്കി ഇല്ലാതെ സമയനാവസ്ഥയാക്കിയില്ലേ അപ്പൊ സലഫീങ്ങൾക്കെന്തില്ല ഇഫ്തലാഖ് ഇല്ലല്ലോ وإلا إذن إذن أردو الرجاء تبتشم لما سحى مخالفة متأخره لمتقدمهن من بوارن دول عرضه متأخره مخالفة ناردو للم فلما <تصفيق> فحكذا من مطلق لك أرسالنا فالله أعلم يعني ثم المنصف آي انصاف ناردو ناردو لبل انصاف ناردو ആ ഇൻസാഫ് ആരിക്കെല്ലാം പോണോ ഷെയ്ഖായുമ്പോൾ ഇൻസാഫ് ഋഷെ ഓർക്കുമ്പോൾ ഇൻസാഫ് എന്ന് പറയും അർക്കും ഷേഖൻ ആവട്ടെ ആലിമിന്റെന്നാകട്ടെ മുത്താലിമിന്റെന്നാവാട്ടെ വേറെ എവിടുന്നാവട്ടെ ഹക്ക് വിളിപ്പെട്ടത് ആരാണോ ഔ ലിസാൻ വേറെ ആവിൽ കൂടി എന്നാൽ എന്തും സ്വീകരിക്കാതിപ്പോയിപ്പോയാണ് എന്നാൽ ഇൻസാ ഫുള്ളൂന്ന് ഞാൻ പറഞ്ഞ എന്നെ ഹക്കാണോ എന്റെ വക്കെന്നേ പുറത്ത് വരാൻ പാടുള്ളൂ എന്റെ തീരുമാനം വേണ്ട കാരണം അക്കു വളിപ്പെടലാണ് മക്കസൂതു പോലെ മക്കസൂതു ജൂനമാസി ബാഹ് വേറൊന്നുമില്ല വക്കാതീരം പക്ഷെ അങ്ങനെയുള്ള ഇൻസാഫുദാർ എവിടെ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ കളിന്റെ മോശം വളരെ കുറച്ചാണ് അവര് സാഫീ എന്ന് പറഞ്ഞ വറദൂന്റെ വുറുതുണ്ടല്ലോ മസ്തർ അശ്വറുബ് കുടിക്കൽ എന്നാണ് മഴ ഹുകൽ മാരി ഒഴുകുന്ന വെള്ളം മഴ സാഫിന്നല്ല തളയി തളയുന്ന തളയുക എന്നല്ല അപ്പൊ തളയക്കപ്പഴൽ മപ്പിനെടുക്കപ്പെടുന്നു അല്ലേ ിൽ ഇത്തിസാഫീനായിപ്പോ ഹക്കോഫിനി ഭാറത്തായിട്ട് നല്ല മുരാൻ ചെയ്യും അറിഞ്ഞാലും പോരാടണം അന്ന സോഫിന്ദ്രമോബിൻസാഫ് ഇൻസാഫ് കൊണ്ട് മുത്തസിഫായപ്പോൾ അവർ കുടിച്ചു മീനൽ ഒരുമാകുന്ന തടാകമാണ് ഉദ്ദേശിക്കുന്നത് അവർ ഏറ്റവും ശുദ്ധമായതും ഇല്ലാത്തതും ഇതുകൊണ്ട് ുക്കാബറത്തി സ്വന്തം ദേവിയെ തൊട്ട് ദേവ എന്നാൽ ഞാൻ പരിചയ എന്നുള്ള വാദം ഉണ്ടല്ലോ അതിന്റെ അടുത്ത് എന്തെല്ലോ ഉണ്ട് ആ ദേവിയെ തൊട്ടും മുക്കാബറ എന്ന സത്യത്തിനെതിരെ നിഷേധാത്മകമായ പ്രതികളുണ്ടല്ലോ മുക്കാബറ അതിനെ തൊട്ടും കൽവ് ശുദ്ധമായി കഴിഞ്ഞാൽ അക്ഷറക്കത്തെ തീഹ കൽവിൽ ഷാക്കം അൻവാറുള്ള രൂപം പിന്നെ അവിടെ കലർപ്പുണ്ടാവൂല്ല വലാഹത്തെ അയ്യ അൻവാറിനാക്കണ മേലെയാണേത് അസറാർ ഒരോമന്റെയും അപ്പുറാണല്ലോ ഫഹുമ രണ്ടാമറഞ്ഞതാ അൻവാറുൽമി പിന്നെ അസറാറുൽ ഫുഹോമി അല്ലപ്പോ ഒരോമ കൽബിനാണെങ്കിൽ അസറാറേതിനായിരിക്കും റോഹിനായിരിക്കും പിന്നെ ഒരോമനാക്കാം കസ്ബി ചെയ്ത് പഠിച്ചാൽ ജുസീകത്ത് പഠിച്ചുണ്ടാക്കാൻ കഴിയും ഫുഹോമിലോ ഈ ഫോഹം ഉപയോഗിച്ച് പുതിയ കണ്ടെത്താൻ കഴിയില്ല ഇസ്തിഹാദല്ലാതെ നടക്കുന്നത് ഫഹമിലാന്നല്ലോ ആദ്യം നെസ്സുകളെ പഹ്മ് ചെയ്യും ഇതിൽ നിന്ന് എന്തെല്ലാം കിട്ടും വലക്കിട്ടില്ല പണ്ട് കുടുങ്ങിയ പിസ അത് പിസ ഇങ്ങനെ പറഞ്ഞിസ് പഠിച്ചു നായി അതിൽ നിന്ന് എന്തെല്ലാം പാഠം ഉൾക്കൊള്ളാൻ കഴിയും അത് പഹമാൽബുകൾ പിടിച്ചെടുക്കും മിനൽമിൽ നിന്ന് അസ്ഫാഹ ഒന്നാമത്തെ വക്കാമിലേക്ക് എത്തിച്ചു വമിനലന്മാരിൽ നിന്ന് പിടിച്ചെടുക്കും അബഹാഹ ഏറ്റവും സത്യത്തോന്നത് ഒമിഅർ അതിന്റെ അപ്പുറം അസനഹാലെ പിടിച്ചെടുക്കുന്നു മൂന്നു നോക്കാൻ തടപ്പുറന്നു അപ്പൊ ഫമാൻ സഫ സുഫിയു ഓമാൻ കദർ കുതിരഹി ഇങ്ങനല്ലോ തത്വം ആരാണോ സാഫിയത് സാഫിയങ്ങോട്ട് നൽകപ്പെടും ആരാണോ കലർത്തിയത് കല്ലപ്പുണ്ട് തോന്നി അങ്ങോട്ട് കൊടുക്കപ്പെടും എന്നാണല്ലോ അപ്പൊ തകലീദ് المولقي المولقي اللي نادي تقليدي او العلم المدلي العلم المدلي والله ابو رند مقامين عندهم مقطرا العلم الصافي هو علم الراق علم الشهود او النور ابو هكل يقيني مسازان استرا مره بقى هكل يقيني ارتكوا هذا الصافي هذا بينه ولا غلطه ولا അതുകൊണ്ട് ആക്കുൽ ജക്കീൻ മക്കാമ്മാർക്കുന്ന തസ്കീത്തിൽ കൂടിയാ കിട്ടുന്നു മറ്റേതോ തക്കരീതിൽ കൂടിയും അലുകാർ എന്ന് പറഞ്ഞുകൊണ്ട് അത് തയ്ക്കൊള്ളുന്നില്ല തസ്കീത്താവണമെന്ന് അർത്ഥം വരില്ല ചുമോദാകണമെങ്കിൽ തസ്ബീത്തിൽ കൂടിയേ നടക്കുന്നുണ്ട് തരീക്കുറും واغر كن في علم اهل المهدت شهودا نعمل ماشي الصلاه للرضا ان مكنه واقوم طول وصلني من احوال التوحيد الى ظلال التقديرنا غير المنزه المطلق والتقييد ان واغر كن في علم اهل المهدت شهودا حتى لا ارا ولا اسمع ولا اذيل ولا الا بها نزولا وصعودا هذا غير تحرك അപ്പൊ അതാഹാൻ തവഹീദിൽ നിന്ന് എന്നെ നീ കരകേറ്റ് കുണ്ടിലെല്ലാം പോയി കലാസികളൊന്നും കേറ്റരില്ല അതിനാ നഷി ഒരു കുണ്ടിലിന്റെ കര കേച്ചത് അപ്പൊ തവഹീദിന്റെ വഹലിൽ നിന്ന് കരകേറ്റണം അവിടുത്തേക്ക് ഫലാഹൂദിലേക്ക് അപ്പൊ എവിടെയാണ് മറ്റൊരു വിമർശിച്ച പറഞ്ഞ വഹലെന്ന് പറഞ്ഞ കടിഞ്ഞാക്കി തവഹീദ ഇസ്ലാമിന്റെ അടിസ്ഥാനം വഹലി എന്ന് പറഞ്ഞ ചേറ് വെക്കി പോകുന്ന സ്ഥലം അർത്ഥം അപ്പൊ തവഹീദിനെ വെക്കി പോകുന്ന സ്ഥലം പക്ഷേ തഫ്രീദിലേക്ക് ചേർത്തിട്ട് ഈ തൗഹീദിൽ എന്തും തൗഹീദാന്ന് നാടൻ തവഹീദുണ്ടല്ലോ നാടൻ തവഹീദ് തസീദുണ്ട് അപ്പം മുക്കല്ലതായ മനുഷ്യന് തെറ്റി വെച്ച മുക്കല്ലിദറ്റു അപ്പം തൗഹീദാണ് കാണണം വെക്കി പോവും ഇനി ദലീല് പുറഹാനിന്റെ അക്കലിനെ ചെറിയ പൊളിച്ച വെച്ചാൽ മതി വേറെ വഴിക്കാൻ പോവുക നെഗറി സ്ഥിതിരാളികാർക്ക് എന്തൊക്കെ ആലം കറിയുമൊന്നും കിട്ടിയിട്ടുണ്ടല്ല പൊറച്ചൊന്നും ഇല്ലാന്നും കിട്ടിയിട്ടുണ്ട് കാലം കഥീമാകുന്നു അതുകൊണ്ട് ഇനി പടസം വേണ്ട എഴുതി വിട്ടിരുന്നു എന്താ പാളിച്ച ഇനി ഈ ദലിന് തർത്തി അതിനേക്കാച്ച് അതിനേക്കാൾ വലിയ പദവിയാണ് തഫരി കഫലീതിൽ വെക്കി പോലെ വിശാലമായി എഴുതാൻ ഇപ്പൊ ആഫരി എന്നിട്ടോ അവിടെ നിന്നങ്ങോട്ട് പോകാൻ വഹത്തില ചുരുക്കത്തിൽ കായ്നാത്തിനത്തോട്ട് പച്ച കായ് പായി വഹനത്തിലേക്ക് എത്തുന്നു ലോകത്ത് മുത്തക്കഥിരായ നിയമത്ത് പല വഴിക്കുടിങ്ങും വരുന്നുണ്ടെങ്കിലും എല്ലാ നിയമത്തിന്റെ മുന്നണിമാരായിട്ട് വന്നു അല്ലാതെ മാത്രം എല്ലാത്തിനും ശുക്രത്താൻ കഴിയൂല മിരട്ട് മാത്രം നനക്കുക കൊമ്പെണ്ണം വെള്ളം നനക്കാനാവൂല മിരട്ട് വെള്ളം കിറ്റാൻ ഒറ്റ വഹനത്തിലേക്കെത്തി മരത്തിന്റെ കുറേ കൊമ്പത്തും കായുണ്ട് ഇപ്പൊ ഇപ്പുറത്തേക്കും കുളിക്കുന്ന കായുണ്ട് ഇപ്പുറം മൃഗുന്ന കായുണ്ട് അപ്പൊ ചുവന്ന കായുണ്ട് എല്ലാം حيث يتكلم. الحمد لله وحده. أبو حتى لا أرى ولا أجدى ولا أهسة إلا بها. أبو وحدهتهم وقعنا أن لا دين كذل الله إدراكوا النولا. مؤيتاً إدراكوا الله ، سمعين إدراكوا الله ، بصم إدراكوا الله ، ويجد أن إدراكوا الله. نزولها وقت دورها وقت نزولها ونواصرة إدراكوا. قوة لك الحضور لك أنه لك. സൂര്യൻ നടത്തുന്ന ഒരു കുക്കൂപ്പേട്ടനെ जातो സഹാ